ഒരു സ്ത്രോത്ര സങ്കീർത്തനം സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ യഹോവ തന്നെ ദൈവമെന്നറിവീൻ അവൻ നമ്മെ നാം അവനുള്ളവറാകുന്നു അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ യഹോവ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് അവന്റെ വിശ്വസ്ത തലമുറ തലമുറയായും ഇരിക്കുന്നു